ധർമ്മ ജിജ്ഞാസയും ബ്രഹ്മജിജ്ഞാസയും തമ്മിൽ ഭേദാവസ്ഥ ഫലത്തിൽ വ്യത്യാസമുണ്ട് ജിജ്ഞാസ്യ ജിജ്ഞാസയുടെ വിഷയത്തിനും വ്യത്യാസമുണ്ട് ാലം പറ ഫലഭേദം വിഭജ്യതജ്ഞാസയുടെയും ബ്രഹ്മജിജ്ഞാസയുടെയും ഫലത്തിലെന്താ ഭേദം വിഭജ്യത ഭാഷ അഭ്യുദയഫലം ധർമ്മജ്ഞലം അഭ്യുദയം ഫലം എസ് ധർമ്മജ്ഞാനത്തിന്റെ ഫലം എന്താണ് അഭ്യുദയം അതായത് ധർമ്മ ജിജ്ഞാസ ധർമ്മത്തെ അറിയാനുള്ള ജിജ്ഞാസുണ്ടാകുന്നു അപ്പൊ വേദാധ്യയനത്തിന് ശേഷം ഒരു അയാള് ധർമ്മവിചാരം ചെയ്യും അയാള് ധർമ്മ ജിജ്ഞാസയുണ്ടാകുന്നു ധർമ്മ വിചാരം ചെയ്യും ധർമ്മവിചാരം ചെയ്യുമ്പോൾ അയാൾക്ക് മനസിലാകുന്നു ആ ധർമ്മ അനുഷ്ഠാനത്തിന്റെ ഫലം സ്വർഗാദിയാണ് അഭ്യുദയെന്ന് വെച്ചാൽ സ്വർഗാദി ഫലങ്ങളാണ് എന്നറിഞ്ഞിട്ട് അയാള് ഗൃഹസ്ഥാശ്രമധർമ്മം അനുഷ്ഠിക്കുന്നു നിത്യകർമ്മങ്ങളും നൈമിത്യ കർമ്മങ്ങളും കാമ്യകർമ്മങ്ങളും അനുഷ്ഠിക്കും നിത്യം നൈമിത്യം കാമ്യം ഈ മൂന്ന് തരത്തിലുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അയാൾക്ക് സ്വർഗം പോലെയുള്ള അഭ്യുദയങ്ങൾ ഉണ്ടാകും അതിനാണ് പ്രേയസം എന്ന് പറയുന്നത് പിന്നെ ഇഹലോകത്തിൽ പശുവും പൂത്തരും ഇതൊക്കെ പണ്ടത്തെ ഇതൊക്കെയാണ് പഴയ ഫലമെന്ന് പറയുന്നത് പണ്ടത്തെ ഫലം ഇതൊക്കെയാണ് ഒന്ന് സ്വർഗം അതൊരു അഭ്യദയമാണ് പ്രേയസാണ് അല്ലെങ്കിൽ ഇവിടെ എന്താണ് പശു ഉണ്ടാകുക പശു എന്നുള്ളതുകൊണ്ട് ഏറ്റവും വലിയ സമ്പത്ത് പശുവാണ് അതുകൊണ്ട് പശുവിനെ കുറിച്ച് ചാടും കോഴിയൊക്കെയാണ് അന്നത്തെ ഏറ്റവും വലിയ സമ്പത്ത് അതാണ് പശു പിന്നെ ഏറ്റവും വലിയ സമ്പത്ത് പുത്രനാണ് പുത്രിയല്ല ഇതിനെയാണ് അഭ്യുദയം എന്ന് പറയുന്നത് അഭ്യുദയ ഫലമാണെന്താ ധർമ്മജ്ഞാനം ധർമ്മജ്ഞാനത്തിന്റെ ഫലം ഇതാണ് ഇവിടെ ധർമ്മം എന്ന് പറയുന്നത് യാഗമാണ് ധർമ്മജ്ഞാനം എന്ന് പറയുന്നത് യാഗാദികളെ കുറിച്ചുള്ള ജ്ഞാനമാണ് അല്ല ഇന്ന് നമ്മൾ ധർമ്മം ധർമ്മം എന്ന് പറയുന്നതുമായിട്ട് യാതൊരു ബന്ധത്തിനില്ല അങ്ങനെ ധരിച്ചടയരു കാമ്യം നിത്യം നൈമിത്തികം ഈ മൂന്ന് തരത്തിലുള്ള കർമ്മങ്ങളാണ് ധർമ്മം അതൊക്കെ വ്യക്തമായി മനസ്സിലാക്കണം എന്നാലേ പേജിവെച്ചിരിക്കുന്ന എന്താണെന്ന് മനസ്സിലാക്കുന്നത് ഇപ്പോ ധർമ്മജ്ഞാനം അതാണ് ധർമ്മജ്ഞാനം ഉണ്ടായാൽ പിന്നെ അതിന്റെ അനുഷ്ഠാനം വരും ആദ്യം ഗ്രഹസ്ഥർമ്മിലിരുന്ന് ധർമ്മ ജിജ്ഞാസർമുണ്ടാകുന്നു പിന്നെ ധർമ്മ അനുഷ്ഠാനം ഉണ്ടാകുന്നു ഉണ്ടാകുമ്പോൾ തച്ച അനുഷ്ഠാനാപേക്ഷ കേവലം ധർമ്മജ്ഞാനം കൊണ്ട് അഭ്യുദയം ഉണ്ടാകത്തില്ല പൂർവമീമാംസയും മുദ്രമീമാംസയും തമ്മിൽ വരുന്ന ഏറ്റവും പ്രധാന വ്യത്യാസം ഇതാണ് ധർമ്മജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാല് ധർമ്മവിചാരം ചെയ്ത് ധർമ്മജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ അനുഷ്ഠിക്കും കർമ്മം ചെയ്യണം അറിഞ്ഞാ പോരാ അനുഷ്ഠിക്കണം അനുഷ്ഠാനത്തെ അപേക്ഷിക്കുന്നു ഏത് ധർമ്മജ്ഞാനം എന്നതിനു വേണ്ടി അഭ്യുതയെന്ന ഫലത്തിനു വേണ്ടി സ്വർഗം പശുപുത്രാദി ഫലങ്ങൾക്ക് വേണ്ടിയിട്ട് ധർമ്മജ്ഞാനം ധർമ്മനുഷ്ഠാനത്തെ അപേക്ഷിക്കുന്നു അപ്പം അതിന്റെ ഒരു ക്രമമാണ് ജിജ്ഞാസം അനുഷ്ഠാനം ഇതാണ് പൂർവമീമാരമം നിശ്രേം ബ്രഹ്മവിജ്ഞാനം നിശ്രേയസഫലതു ബ്രഹ്മവിജ്ഞാനം ബ്രഹ്മവിജ്ഞാനത്തിന്റെ ഫലം എന്താണ് നിശ്രേയസം ശ്രേയസ് ച്ച അനുഷ്ഠാനാന്തരാപേക്ഷം അതൊരു അവിടെ മറ്റൊരനുഷ്ഠാനത്തിന്റെ ആവശ്യമെന്താ ഭാവതികാലം പറയുന്നു ജിജ്ഞാസായ വസ്തുതോ ജ്ഞാനതന്ത്രത്വ ജ്ഞാനകാലം ജ്ഞാനഫലം ജിജ്ഞാസാഫലം ഇത് ഭാവ ജിജ്ഞാസ എന്ന് പറയുന്നത് എന്താണ് വാസ്തവത്തിൽ ജ്ഞാനതന്ത്രമാണ് തന്ത്രം എന്ന് വെച്ചാൽ അധികം അധീനമെന്നാണ് എന്റെ അർത്ഥം ജിജ്ഞാസായ വസ്തു ജ്ഞാനതന്ത്രത്വ അത് ജിജ്ഞാസത്തിനധീനമാണ് ജിജ്ഞാസ കൊണ്ട് വിചാരം വിചാരം കൊണ്ട് ജ്ഞാനം ജ്ഞാനം കൊണ്ട് അനുഷ്ഠാനം അനുഷ്ഠാനം കൊണ്ട് ഫലം ഇനി ഒരാൾക്ക് ജിജ്ഞാസ ഉണ്ടാകും ജിജ്ഞാസുണ്ടാകുന്നതിന് ഞാനാവശ്യമാണ് അതായത് വേദം അധ്യയനം ചെയ്യുമ്പോൾ ഒരാൾക്ക് സ്വർഗകാമ യജേത തുടങ്ങിയ വാക്യങ്ങൾ കേൾക്കുമ്പോൾ സ്വർഗ്ഗകാമനോ യാഗം ചെയ്യണം ഇങ്ങനെയുള്ള ജ്ഞാനമുണ്ടാകും തുടർന്നവണ വിചാരം ചെയ്യുന്നത് അപ്പൊ വിചാരമെന്ന് പറയുന്നത് ജ്ഞാനത്തിന് അധീനമാണ് അങ്ങനെയും പറയാം ഏതം ചെയ്യുന്നവൻ എന്തു ചെയ്യുന്നു അവന് സ്വർഗകാമോ യജേത തുടങ്ങിയ വാക്യങ്ങളുടെ ജ്ഞാനം ഉണ്ടാകുന്നു അപ്പൊ ആണ് ജ്ഞാനം കൊണ്ട് അയാള് ആ ജ്ഞാനം ഉള്ളത് കൊണ്ട് ആ അപ്പോൾ എന്താണ് സുറക്കം എന്താണ് യാഗം ഇതെങ്ങനെ അനുഷ്ഠിക്കണം ഇതൊക്കെ അറിയുന്നതിന് വേണ്ടി വിചാരം ചെയ്യുന്നു അപ്പം ജ്ഞാനത്തിന് അധീനമാണ് ജിജ്ഞാസ പിന്നെ ജിജ്ഞാസക്ക് ശേഷം ജ്ഞാനം ഉണ്ടാകുന്നു അപ്പൊ ഇവിടെ ജിജ്ഞാസായ വസ്തുതോജ്ഞാന തന്ത്രത്വ ജ്ഞാനം അധീനമായിരിക്കുന്ന ഏതെന്തിനാണോ അത് ജിജ്ഞാസ അങ്ങനെയും പറയാം എന്തുകൊണ്ട് ജിജ്ഞാസ കൊണ്ടാണ് ഞാനോണ്ടാകുന്നു അങ്ങനെയും പറയാം ആദ്യം വേദ അധ്യയനം ചെയ്യുമ്പോൾ ഞാനോണ്ടാകുന്നു പിന്നെ ജിജ്ഞാസ ഉണ്ടാകുന്നു വിചാരം ചെയ്യുന്നു പിന്നെ ശരിയായ ജ്ഞാനം ഉണ്ടാകുന്നു ധർമ്മൻ പിന്നെ അനുഷ്ഠാനം ചെയ്യുന്നു പിന്നെ ഫലമുണ്ടാകും ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതാണ് ജിജ്ഞാസായ ജിജ്ഞാസ വസ്തുത വാസ്തവത്തിൽ ജ്ഞാനഫലം ജിജ്ഞാസഫലം അതുകൊണ്ട് ജ്ഞാനഫലമെന്നും ജിജ്ഞാസാ ഫലമെന്നും പറയുന്നത് ഒന്ന് ജിജ്ഞാസ കൊണ്ട് വിചാരം വിചാരം കൊണ്ട് ജ്ഞാനം ജ്ഞാനത്തിന് ശേഷം കർമ്മം കർമ്മത്തിന് ശേഷം ഫലം ജിജ്ഞാസയുടെ ഫലം തന്നെ ജ്ഞാനത്തിന്റെയും ഫലം ഒന്ന് കണ്ടു ജിജ്ഞാസായ വസ്തുതോ ജ്ഞാനതന്ത്രത്വ ജ്ഞാനഫലം ജിജ്ഞാസഫലം ജ്ഞാനതന്ത്രം അധീനതന്ത്രം എന്നാലും തന്ത്രം എന്ന് വെച്ചാൽ മീനാംസന്മാരുടെ ശൈലിയിലുള്ള ചർച്ചയാണ് മീനാംസകര് പറഞ്ഞു എങ്ങനെ ഫലത്തില് എത്തിച്ചേരുന്നു ഫലം തോ ഇവിടെ പറയുന്നു ബ്രഹ്മവിജ്ഞാനം ബ്രഹ്മവിജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് നിശ്രേസമായ ഫലമുള്ളതാണ് മോക്ഷമാകുന്ന ഫലമുള്ളതാണ് ബ്രഹ്മജ്ഞാനം എന്നുവെച്ചാൽ അനുഷ്ഠാനാന്തരപേക്ഷ അവിടെ എന്താണ് ബ്രഹ്മവിജ്ഞാനം കഴിഞ്ഞവിടെ ഒരു അനുഷ്ഠാനത്തിന്റെ ആവശ്യമുണ്ട് ബ്രഹ്മവിജ്ഞാനത്തിന് ശേഷം വിടെ ഒരു ചോദ്യം വരും ബ്രഹ്മവിജ്ഞാനത്തിന് ശേഷം വേറെ അനുഷ്ഠാനൊന്നുമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭാവതികാലം പറയുന്നു കേവലം സ്വരൂപത ഫലഭേദ തതുത്പാദനപ്രകാര ഭേദാദവി തദ്ദ ഇത്യ കർമ്മഫലവും ജ്ഞാനവും തമ്മില് സ്വരൂപേണുള്ള ഭേദമല്ല സ്വരൂപേണ ഉള്ള ഭേദം സ്വർഗം ജാനോ അതാണ് സ്വരൂപ അതാണ് എന്നാ കേവലം സ്വരൂപതകലഭേദ സ്വരൂപത്തിൽ ഫലങ്ങൾക്ക് ഭേദമുണ്ടെന്ന് മാത്രമല്ല തത് ഉത്പാദനപ്രകാര ഭേദാദവി തദ്ദം ഉത്പാദനപ്രകാരം സ്വർഗവും ജ്ഞാനവും ഉത്പന്നമാകുന്നതിന്റെ സവിശേഷതകൾ അതിന്റെ ഭേദം കൊണ്ട് സ്വർഗം ഉണ്ടാകുന്നതും ജ്ഞാനം ഉണ്ടാകുന്നതും ഉത്പന്നമാകുന്നതിന്റെ സവിശേഷതകളുടെ ഭേദം കൊണ്ടും അതിന്റെ സവിശേഷതകൾ കൊണ്ടും തദ്ഭേദ സ്വർഗം പോലെയുള്ള ഫലങ്ങളും മുക്തി പോലെയുള്ള ഫലങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട് ഇപ്പൊ സ്വർഗ്ഗഫലവും മുക്തി എന്ന് പറയുന്ന ഫലവും അത് വ്യത്യാസമുണ്ട് സ്വരൂപത്തിൽ തന്നെ വ്യത്യാസമുണ്ട് അതായിട്ട് തന്നെ വ്യത്യാസം കൂടാതെ ഉണ്ടാകുന്ന രീതികളിലും വ്യത്യാസമുണ്ട് എന്താ വ്യത്യാസം സ്വർഗാതിഫലം ഉണ്ടാകണമെങ്കിൽ ധർമ്മത്തെ കുറിച്ച് അറിഞ്ഞതിനു ശേഷം അനുഷ്ഠാനം വേണം വേണം ധർമ്മജ്ഞാനം ഉണ്ടാകുന്നതിനും അനുഷ്ഠാനം വേണം എന്താണോ വിചാരം ചെയ്യണം ധർമ്മജ്ഞാനം ഉണ്ടാവണമെങ്കിൽ എന്തുവേണം ധർമ്മവിചാരം അതുവരെ അനുഷ്ഠാനമാണ് ധർമ്മജ്ഞാനം ഉണ്ടാകും ഉണ്ടായതിനു ശേഷം പിന്നെ എന്ത് ചെയ്യണം കർമാനുഷ്ഠാനം വേണം പിന്നെയാണ് സ്വർഗം കിട്ടുന്നത് പച്ചുമ്പത്തർക്കും സ്വർഗം എന്ന് പറയുന്നത് ഹിഹലോകഫലമല്ല പരലോകഫലം ഹിഹലോകഫലം എന്ന് പറയുന്നത് എന്താണ് പശു പുത്രൻ സമ്പത്തല്ല മീമാംസാന്മാരുടെ ഏറ്റവും വലിയ തട്ടിപ്പ് ഇവിടെ മനസ്സിലാക്കേണ്ടത് അതായത് ഈ ലോകത്ത് സമ്പത്ത് എങ്ങനെയുണ്ടാവും എങ്ങനെയുണ്ടാകും മനുഷ്യന് വളരെ ബുദ്ധിപൂർവ്വമായി അധ്വാനിച്ചാണ് ന്യായമായ രീതിയിൽ സമ്പത്തുണ്ടാക്കുന്നത് ബുദ്ധിപൂർവ്വം അധ്വാനിക്കുന്നത് പഴയകാലത്തെ സമ്പത്ത് എന്ന് പറയുന്നത് ഇന്നത്തെ പോലത്തെ മുകേഷ് അംബാനിയുടെ മുകേഷ് അവിടെ പോലുള്ള സമ്പത്തല്ല പഴയ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ആദിവാസികളാണ് കാട്ടുമനുഷ്യനാണ് അവിടെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ് കാട്ടു മൃഗങ്ങളും ആടും കോഴിയും എനിമയും പോത്ത് ഇതൊക്കെയാണ് പിന്നെ മക്കളും ആം മക്കളാണെങ്കിൽ അതും ഒരു അവരെല്ലാ തരത്തിലും പോയിരിക്കും അപ്പോ ഇവർ പഠിപ്പിക്കുന്നത് ഇതിനു വേണ്ടിയുള്ള അധ്വാനങ്ങൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്തു കഴിഞ്ഞാലും ചിലപ്പോ ഫലം കിട്ടാതെ പോവും അങ്ങനെയാണ് പരീക്ഷ അല്ലോ ഒരു കുട്ടിക്ക് മാർക്ക് കിട്ടുന്നില്ല പാസ്സാവുന്നില്ല ഇങ്ങനെ ചിലപ്പോൾ സംഭവിക്കാറുണ്ടല്ലോ ടെസ്റ്റ് പാസ്സാവുന്നില്ല മത്സര പരീക്ഷ പാസ്സാവുന്നില്ല അവിടെയാണ് ഇന്ന് പുരോഹിതന്മാരെ ചെയ്യുന്നത് മോലെടുക്കുന്ന അവര് പറയുന്നത് നിങ്ങള് പരീക്ഷ എഴുതിയാ പോരാ ടെസ്റ്റ് എഴുതി പോരാ ൈവം പാതി എന്നൊരു തട്ടിപ്പ് അവിടെ കൊണ്ടുവച്ചുള്ളൂ എന്താണ് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും കൈടാടി ആകാശത്തിലിരിക്കുന്നൊരു പിതാവിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്തോരും ഇതൊക്കെ ഇതിനൊക്കെ ഫലം ഉണ്ടാവു എന്നിവരെ പറഞ്ഞ് പുരോഹിതന്മാരെ പഠിപ്പിച്ചിട്ട് അവരെ കൊണ്ട് പൂജയിപ്പിച്ച് അതിന്റെ ആദായം കൈപ്പറ്റുന്നു അതാണ് ഈ പറഞ്ഞു വരുന്നത് ആൾക്കാരെ കൊണ്ട് അവരുടെ പ്രയത്നം കൊണ്ട് എന്തുകൊണ്ടാണ് ഇത് വിജയിക്കുന്ന എന്തുകൊണ്ട് എന്തുകൊണ്ട് വീണു പോകുന്നു എന്ത് വിദ്യാ അതൊന്നും അതൊന്നുമല്ല എന്തുകൊണ്ടാണ് അത് വിജയിക്കുന്നു പറഞ്ഞു പഠിപ്പിച്ചെന്ന് പറഞ്ഞല്ലാം വിജയിക്കാലും എന്തുകൊണ്ടിത് വിജയിക്കുന്നു അതായത് ഒരുത്തൻ ബുദ്ധിപൂർവമായി അധ്വാനിച്ചാലും ചിലപ്പോൾ ഫലം കിട്ടാതെ പോകും അങ്ങനെ സംഭവിക്കാറുണ്ട് പഴയ കൃഷി ചെയ്യുന്നത് കൃഷി ചെയ്യുമ്പോഴത്തേക്ക് വെള്ളപ്പൊക്കം വന്ന് എടുത്തോണ്ട് പോയാ ഫലം കിട്ടത്തില്ല കോഴിയെ വളർത്തി കോഴി വസന്തോന്ന് കോഴി ഇടാൻ ചത്തുപോയി ഫലം കിട്ടത്തില്ല അന്ന് ഇതിനെന്തെങ്കിലും പ്രതിവിധിയെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ ഡാമുണ്ടോ മൃഗാശുപത്രി ഉണ്ടോ ഒന്നും ഇല്ലല്ലോ അത് ചത്തുപോകും അപ്പോ ഇവനൊരു തോന്നലുവരും ഈ ഫലം എന്റെ നിയന്ത്രണത്തിലല്ല അപ്പൊ ബലത്തെ നിയന്ത്രിക്കുന്ന വേറെ ആരോണ്ട് അയാളെ തൃപ്തിപ്പെടുത്തുന്നു അതാരാണ് അത് പുരോഹിതം പറഞ്ഞുകൊടുക്കുന്നത് അപ്പൊ ഫലത്തിന്റെ അനിശ്ചിതത്വമാണ് മനസിലായോ അതുകൊണ്ട് ശരിക്കും പഠിക്കേണ്ടത് ഫലത്തിന്റെ അനിശ്ചിതത്വമാണ് മറു വഴികളെ തേടാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നു മനസിലായോ ഫലത്തിന്റെ ഒരു അനിശ്ചിതത്വം അപ്പൊ അവൻ മനുഷ്യ സ്വയം തന്നെ ചിന്തിക്കുന്നു അവരാരും അടിച്ചേപ്പിക്കണ്ട ഇതെന്താ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് കൃഷി ചെയ്തിട്ടും ഈ വിളവെള്ള ഇങ്ങനെ മുന്നപിടിച്ച് നശിച്ചുപോയത് ഫലം അനിശ്ചിതമായി അധ്വാനം വേസ്റ്റാവുന്നു അപ്പോഴാണ് അതിൻ്റെ അകത്ത് ബുദ്ധിയോളം പറഞ്ഞു കൊടുക്കുന്നത് ഇതിനൊരു പരിപാടിയുണ്ട് ഇന്നേ ചെയ്താൽ മതി അമ്മയ ചെയ്തത് സക്സസ് ആയി ഫലം ചിലപ്പോൾ സക്സസ് ആകും ചിലപ്പോൾ പരാജയപ്പെടും പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അതിനേറെ സമാധാനം കണ്ടെത്തും വിജയിച്ച അവനീ സമാനം കണ്ടെത്തും എന്ത് സമാനം ആ പരാജയപ്പെട്ട അവൻ വേറെ സമാനം കണ്ടെത്തും എന്താണ് പരാജയപ്പെട്ട അവന് വേറെ സമാനം കണ്ടെത്തും എന്താണ് അവനെ അവനെ പഠിപ്പിച്ച അവന് പാപമുണ്ടായിരുന്നു വിഘ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്തു ചെയ്യണം ഇത് ഡബിൾ സ്ട്രോങ് ആക്കണം ഏത് ഒരർച്ചന ചെയ്ത മാത്രം ചെയ്തുകൊണ്ടാണ് ഇത് വിജയിക്കാത്തത് ഇനി എന്ത് ചെയ്യണം സഹസ്രനാമം ചെയ്യണം എന്തുകൊണ്ട് അർച്ചനക്ക് പത്ത് രൂപ സഹസ്രനാമത്തിന് ആയിരം രൂപ ഇത് സക്സസ് ആകും ഇങ്ങനെയാണ് മനുഷ്യനെ പഠിപ്പിച്ചു പഠിപ്പിച്ചു പഠിപ്പിച്ചു വളർത്തിക്കൊണ്ടുവന്നു ഈ പറയുന്നതിൻ്റെ വെച്ചൊരു പാതാണ് ഇതൂടെ മനസ്സിലാക്കിയിരിക്കുന്നു അല്ല വെറുതെ ഇത് തത്തമാ പൂച്ച പൂച്ചാന്ന് പറഞ്ഞു പഠിച്ചു പോയാൽ പോലെ ബുദ്ധിയുണ്ടാകത്തില്ല ഇത്രകാലം പഠിച്ചിട്ട് ബുദ്ധിയുണ്ടാകും ഇനിയും ഉണ്ടാകത്തില്ല അതുകൊണ്ടിത് ശരിക്ക് മനസ്സിലാക്കി പഠിക്കണം അപ്പം മീമാംസവന്മാര് പറയുന്നത് ഇതാണ് എന്താണ് അനുഷ്ഠാനാന്തരം ഈ കർമ്മങ്ങളെ കുറിച്ചൊക്കെ അറിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു അനുഷ്ഠാനം വേണം അനുഷ്ഠാനം ചെയ്ത് അതിന്റെ ഫലം ഉണ്ടാവും എന്നാല് പശുപുത്രാദികളൊക്കെ ഉണ്ടാവും കാരണം എന്താണ് ദേവപ്രീതി കുറഞ്ഞതുകൊണ്ട് ദേവപ്രീതി ഇല്ലാത്തതുണ്ടാവും അപ്പൊ ദേവപ്രീതിക്ക് വേണ്ടിട്ട് ഇങ്ങനെയുള്ള കർമ്മങ്ങളെല്ലാം ചെയ്യും എന്നാല് പശുവുംത്രമൊക്കെ ഉണ്ടാവും പിന്നെ സ്വർഗം സ്വർഗമെന്ന് പറയുന്നത് വിശ്വാസമാണ് തെളിവൊന്നുമില്ല മരിച്ചാ പെട്ടുന്ന സാധനമാണ് ഉറപ്പാണ് അത് അവന് സംശയമേ ഇല്ല സ്വർഗത്തിന് വേണ്ടി യാഗം മനുഷ്യനും സംശയമില്ല സ്വർഗം കിട്ടും അതിനുവേണ്ടി അവൻ ജീവിക്കുന്നു അതാണ് ഈ പറയുന്നത് എന്റെ സാരദന പ്രകാരം ബ്രഹ്മജ്ഞാനം മീമാ വിചാരം അതിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം ജിജ്ഞാസ ഇതെല്ലാം തന്നെ അനുഷ്ഠാനാപേക്ഷ അത് കർമ്മം ചെയ്താലേ അതിന്റെ ഫലം ഉണ്ടാകും അറിഞ്ഞിട്ട് കാര്യമില്ല ചിന്തിച്ചിട്ട് കാര്യമില്ല അറിയാൻ ആഗ്രഹിച്ചിട്ടും ഇതെല്ലാം കഴിഞ്ഞ് അനുഷ്ഠിക്കണം അതാണ് തച്ചാന്ന് വെച്ചാൽ ആ ധർമ്മജ്ഞാനം പേക്ഷം മറ്റൊരു അനുഷ്ഠാനത്തെ അപേക്ഷിക്കും അനുഷ്ഠാനം അവിടെ പിന്നെ വേറെ ഒരു അനുഷ്ഠാനത്തിന്റെ ആവശ്യം എന്തുമാതി ബ്രഹ്മജ്ഞാനം ഉണ്ടായി ഞാൻ ഉടൻ വിദ്യ നശിക്കുന്നു മോക്ഷം കിട്ടുന്നു അവിടെ പിന്നെ ്രഹ്മജ്ഞാനത്തിനും മോക്ഷത്തിനും ഇടയ്ക്ക് ഒരനുഷ്ഠാനമുണ്ട് ഇതാണ് ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഭാമധികാരം പറയുന്നു ശബ്ദജ്ഞാനാഭ്യാസ അനുഷ്ഠാനാന്തരപേക്ഷത അവിടെ ഒരു അനുഷ്ഠാനം ആവശ്യമാണെന്നാണ് ഭാമധികാരം പറയുന്നത് എന്താണ് ശബ്ദം നേരത്തെ ഒരുപാട് ചർച്ച ചെയ്താണ് ഈ ശബ്ദ അഭ്യാസത്തെയാണ് ഭാവതികാരൻ നേരത്തെ എന്ത് പേര് പറഞ്ഞു എന്തു പറഞ്ഞു ശബ്ദജ്ഞാനാനുഷ്ഠാനത്തിന് ഭാവതികാര പറഞ്ഞത് വിദ്യാസനം ബ്രഹ്മോപാസനം ശാബ്ദാനം ഉണ്ടായതിനു ശേഷം ബ്രഹ്മോപാസന അല്ലെങ്കിൽ നിത്യാസനം വേണം അതല്ലാതെ വേറെ ഒരനുഷ്ഠാനത്തിന്റെ ആവശ്യമില്ല എന്നാണ് ഭാവതികാരന്റെ എന്തുകൊണ്ട് ശബ്ദജ്ഞാനം ഉണ്ടായി ബ്രഹ്മോപാസന ചെയ്തില്ല നിത്യാസനം ചെയ്തില്ലെങ്കി എന്ത് സംഭവിക്കും സമാധിണ്ടാവത്തില്ല ശബ്ദജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് തത്തുമസി മുഹമ്മദ് തുടങ്ങിയ ഏകത്വത്തെ ബോധിപ്പിക്കുന്ന വാക്യങ്ങൾ കേൾക്കുമ്പോ ഒരാൾക്കുണ്ടാകുന്ന ജ്ഞാനം ശബ്ദം ശബ്ദത്തിൽ നിന്നുണ്ടാകുന്ന പരമാത്മകമായ ജ്ഞാനമാണ് ശബ്ദം ാരം പറയുന്നത് നിങ്ങൾ വേദാന്തമൊക്കെ ശ്രവിക്കുന്നു ചോപനിഷത്ത് തത്വശ്യാഹം ബ്രഹ്മസ്മിന്നൊക്കെ പറയുന്ന ആ വാക്യങ്ങൾ ശ്രമിക്കും ശ്രമിക്കുമ്പോൾ ശ്രമവിചാരമൊക്കെ വരും അർത്ഥ വിചാരത്തോടുകൂടി നിങ്ങൾക്കെന്തുണ്ടാവുന്നു ശാബ്ദം ഞാനുണ്ടാവുന്നു അത് പരോക്ഷമായ ജാനുമാണ് മനസ്സിലായ വ്യക്തമായി മനസ്സിലാവുന്നു ആ പരോക്ഷമായ ഞാനുണ്ടായിക്കഴിഞ്ഞാൽ അതുകൊണ്ട് മോക്ഷം ഉണ്ടാകത്തില്ല മോക്ഷം ഉണ്ടാവണമെങ്കി എന്തുവേണം അപരോഷ്ഞാനത്തിന് എന്ത് വേണം സമാധി സംഭവിക്കുന്നു സമാധിക്കെന്ത് സംഭവിക്കണം ബാഹ്മാരന്റെ അഭിപ്രായം ഇതൊക്കെ ഓരോരോ ആചാര്യന്മാരുടെ അഭിപ്രായം നമ്മളതി ചാടിക്കായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് ശരിയാണ് ഇത് ശരിയാണ് സമാധി ഉണ്ട് അല്ലെങ്കിൽ സമാധി ഇല്ല എന്നൊക്കെ പറയാൻ നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യം ഇല്ല അധികാരി അല്ല എന്നുള്ളതല്ല നമ്മള് പറഞ്ഞ ആരുമായി പോകുന്നില്ല കൊറേ വിവരം കിട്ടുന്ന ആൾക്കാർ വേണമെങ്കിൽ പറയും കാരണം ഇതൊക്കെ പഴയ ആചാര്യന്മാർ പറഞ്ഞ് തെളിയിച്ചു വെച്ച കാര്യങ്ങളാണ് അവരുടെ അഭിപ്രായങ്ങളാണ് അവര് സമർത്ഥിക്കുന്ന കാര്യങ്ങളാണ് അവര് പറയണെന്താ ആദ്യം തത്വമസ്യ തുടങ്ങിയ മഹാവാക്യങ്ങളുടെ ശ്രമണം നടത്തുന്നത് ശരിയായ രീതിയിൽ അതിൽ നിന്ന് ശബ്ദം ഞാനുണ്ടാകും ഭാവനികാലം പറയും പിന്നെ അവിടെ ഒരു അനുഷ്ഠാനാന്തരമുണ്ട് മറ്റൊരനുഷ്ഠാനം ഒരേ ഒരു അനുഷ്ഠാനമേ ഉള്ളൂ അതാണ് ബ്രഹ്മോപാസന ഇത് അല്ലാതെ വേറൊരു അനുഷ്ഠാനം ഇല്ലെന്ന് പറഞ്ഞാൽ നേരത്തെ നിഷേധിച്ച ജ്ഞാനകർമ്മ സമുച്ചയത്തെ നിഷേധിക്കുകയാണ് അവിടെ പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള കർമാനുഷ്ഠാനത്തിന്റെ ആവശ്യം ഇല്ല നിത്യം നൈമിത്യകം കാമ്യം ഇത്തരത്തിലുള്ള ഒരു കർമ്മത്തിന്റെ അനുഷ്ഠാനത്തിന്റെ ആവശ്യം അത് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ജ്ഞാനകർമ്മ സമുച്ചയത്തെ വിശദമായി ചർച്ച ചെയ്തതാണ് അതുകൊണ്ട് ജ്ഞാനകർമ്മസമുച്ചയെ സ്വീകരിക്കത്തില്ല മനസിലായോ എന്താണ് ഉറങ്ങിയത് കേൾക്കുന്നുണ്ട് പറയുന്നത് കേൾക്കുന്നുണ്ട് പൊതുവെ ഇങ്ങനെയാണ് സ്വീകരിച്ചിരിക്കുന്നത് സങ്കരായം പറഞ്ഞിരിക്കുന്ന സങ്കരായർ പറഞ്ഞിട്ടുണ്ട് ജ്ഞാനത്തിന് ശേഷം വേറെ ഒരനുഷ്ഠാനം ആവശ്യം ഇല്ല പക്ഷെ ജ്ഞാനം അങ്ങനെ ഉണ്ടാവും എന്താണ് ജ്ഞാനം പറയുന്നത് ഈ ശബ്ദ ഞാനന്ദൻ അങ്ങനെ ഒരു അഭിപ്രായം സുന്ദരായിരിക്കും എന്നുവെച്ചാൽ തത്വമസ്യ തുടങ്ങിയ മഹാവാക്യങ്ങൾ ശരിയായ രീതിയിൽ അർത്ഥം മനസ്സിലാക്കുമ്പോ ഉണ്ടാകുന്ന ആർ അതാണ് ശബ്ദം ഞാനന്ദ ആ ശബ്ദജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറെ നീതിയാസനത്തിന്റെ ആവശ്യം വേണ്ടെന്ന് പറയുന്നില്ല നീതിയാസനമൊക്കെ ഇപ്പോ ശബ്ദജ്ഞാനം ഉണ്ടാകുന്നതിന് ഒന്നും അതാണ് പ്രധാനമായ ശബ്ദജ്ഞാനം ഉണ്ടാകുന്ന ഇവിടെ നാലാമത്തെ സൂത്രത്തിന്റെ വ്യാഖ്യാന ശങ്കര ശബ്ദം ഉണ്ടാകുന്നതിന് മുമ്പാണെന്ത് ശരിക്കും ധ്യാനം ധ്യാനം ധ്യാനം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും അതെ അതെ അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി എന്ന് ധ്യാനിക്കുക നിരന്തരമാക്കുക നിരന്തരം സമാധി ഉണ്ടാവുന്നത് വരെ ശബ്ദവിചാര ഏ ശബ്ദവിചാരം ശബ്ദം ഇല്ല ശബ്ദത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് വിചാരം ചെയ്യിച്ചു അർത്ഥത്തെ ഉറപ്പിക്കുക ഞാൻ അതാണെന്ന് പറയുക ഉറപ്പിക്കുക ഞാൻ ബ്രഹ്മമാണെന്ന് ഉറപ്പിക്കുക അതാണ് പഴയകാലത്ത് മനുഷ്യന്റെ ഏറ്റവും വലിയ അറിവിതായിരുന്നു മനസിലായ ബ്രഹ്മജ്ഞാനത്തെയാണ് പഴയകാലത്തെ ഏറ്റവും വലിയ അറിവായി കണക്കാക്കി പഴയകാലം പറഞ്ഞുകാലം എന്നു പറയാൻ പറ്റില്ല എന്നു പറയാനും എന്ന് പറഞ്ഞാലും ശരിയാവില്ല എന്നു പറഞ്ഞാലും ഇപ്പ സയന്റിഫിക് നോളജ് ഇല്ലാതിരുന്ന കാലത്ത് എന്ന് പറയുന്നു പറഞ്ഞു പറഞ്ഞു ശരിയായി കൺഗ്രാചുലേഷൻ ഒരു സയന്റിഫിക് നോളജ് മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പ് മനുഷ്യനുണ്ടാകുന്ന ഏറ്റവും വലിയ അറിവെന്ന് കരുതിയിരുന്നെന്താണ് ഈ അറിവാണ് മനസ്സിലായ ഇന്നും സയന്റിഫിക് നോളജ് ഇണ്ടാത്തവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ അറിവ് ഏതാണ് ഈ അറിവാണ് അല്ലെങ്കിൽ ഇതാണ് ഏറ്റവും വലിയ അറിവെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഇതാണ് പ്രത്യേകം മനസ്സിലാകും അടിവരയിട്ട് മനസ്സിലാകും ാണ് ഏറ്റവും വലിയ അറിവാണ് എന്റെ അമ്മച്ചിയാണ് സത്യം എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ വെറു വേദാണോ ഏ ഇത് വലിയ അറിവാണ് വിശ്വാസമാണ് എന്ന് ഏത് അങ്ങനെ തന്നെ ആയിരിക്കും അതുകൊണ്ട് പറയുകയാണ് കാർഷികാരുടെ അഭിപ്രായത്തിൽ ശ്രവണം എന്നത്യാസനം എന്ന ആയിക്കൊള്ളട്ടെ പക്ഷെ എപ്പോഴാണോ ശരിയായ ജ്ഞാനം ഉണ്ടാവുന്നത് അതിന് ശങ്കരായ പറയുന്നത് ശാബ്ദജ്ഞാനം എന്നല്ല പറയുന്നത് ശങ്കരായ പറയുന്നത് സമയജ്ഞാനം ാണ് ആദ്യം സമ്യക് സമ്യക് ദൃഷ്ടി സമ്യക് വ്യായാമം ഇങ്ങനെ പോലെ കാര്യങ്ങളുന്ന് ഒരു കടമടുപ്പ് നടത്തിയാണ് അല്ല വ്യാഖ്യാനൊരുപാട് കാര്യങ്ങൾ ഇങ്ങോട്ട് കടം കൊണ്ടിട്ടുണ്ട് സയന്റിഫിക്ക് ആയത് അഞ്ഞൂറ് വർഷമേ ആയിട്ടുള്ളു സയൻസ് സയന്റിഫിക്ക് റെവല്യൂഷൻ സംഭവിച്ചിട്ട് അഞ്ഞൂറ് വർഷമായിട്ടുള്ളു മനുഷ്യന്റെ ചരിത്രം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് വർഷം പഴക്കമുള്ളതാണ് അതെല്ലാം അഞ്ഞൂറ് വർഷമായിട്ടുണ്ട് സയന്റിഫിക്ക് റെവല്യൂഷൻ ആയിട്ട് ആയ അറിവുണ്ടായിട്ട് അപ്പം ബുദ്ധന്റെ കാലത്ത് സയന്റിഫിക് നോളജ് ഉണ്ടാ ഇല്ല ഇല്ല പിന്നെ നമുക്ക് പറയാം എന്താണോ ആധുനികമായ സയന്റിഫിക് നോളജ് അതിന്റെ ചില അടിസ്ഥാനപരമായ ചില അറിവുകൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അടിസ്ഥാനമൊന്നും ഉണ്ടല്ല അതിന്റെ പ്രാരംഭത്തിലുള്ള അറിവ് മനസ്സിലായോ അതായത് ഒരു കൊച്ചുകുട്ടി മനസ്സിലായോ അത് ഇങ്ങനെ പിച്ചവച്ച നടക്കുന്ന സമയത്ത് അച്ചാ എന്ന് വിളിക്കുന്നതിന് ചച്ചു അപ്പൊ അതിന് ഭാഷാജ്ഞാനുണ്ടോ ഉണ്ടോ ആ എന്നുവെച്ചാ ഭാഷാജ്ഞാനത്തിന്റെ പ്രാരംഭികമായ അറിവുകളുണ്ട് അത് അടിസ്ഥാന അറിവെന്ന് പറയാൻ പ്രാരംഭത്തിലുള്ള അറിവ് അതുപോലെ പഴയ കാലത്തും സയന്റിഫിക് നോളജിന്റെ ചില പ്രാരംഭികമായ അറിവുകൾ ഉണ്ടായിരുന്നു ഇപ്പോ സയന്റിഫിക് നോളജ് ഉണ്ടാവുന്നത് അഞ്ഞൂറ് വർഷമായിരുന്നു ഞാനത് സംഭവിച്ച വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചിന്തകൾ ബുദ്ധനൊക്കെ ഉണ്ടാക്കിയത് ദർശനം ഫിലോസഫി എന്നും പറയാം അവരിങ്ങനെ അന്ന് വേറെ വഴിയില്ല അറിവ് നേടുന്ന എന്ന് വെച്ചാൽ കിട്ടുന്ന അറിവാണ് അറിവ് എന്ന് ധരിച്ച ഒരു കാലം അപ്പോ അതിനപ്പുറം എന്തെങ്കിലും അറിവുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മനുഷ്യൻ ചിന്തിച്ചു നോക്കിയ കാര്യം അങ്ങനെ ചിന്തിച്ചു നോക്കിയപ്പോ അവരെന്ത് ചെയ്തു അവര് കണ്ടെത്തിയ ചില അറിവുകൾ അവര് ചില അറിവുകൾ ആ അറിവാണ് ബുദ്ധനും മറ്റും പറയുന്നത് അതൊന്നും ഒരിക്കലും സയന്റിഫിക് നോളജില്ല അതുകൊണ്ടാണ് അതിനെ ദാർശനികമായ അറിവ് ഫിലോസഫിക്കൽ നോളജന്ന് പറയുന്നത് അതായത് ഒരറിവിനെ ഈ പറയുന്നത് തെളിയിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പല കാര്യങ്ങൾ വേണം ഒന്ന് ആ അറിവെന്ന് പറയുന്നത് വസ്തുനിഷ്ഠമായിരിക്കും മനസ്സിലായോ വസ്തുനിഷ്ഠമായിരിക്കണം പിന്നെ മറ്റൊന്നെന്താണ് അതിന് എവിഡൻസ് വേണം തെളിവുകൾ എന്നിട്ട് അത് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്യണം പരീക്ഷണത്തിലൂടെ അതിന് തെളിയിക്കും ആ അറിവ് അതിനാണ് നിങ്ങൾ പ്രൂവ് ചെയ്യുക പ്രൂവ് ചെയ്യാന്ന് പറയുന്നു അതാണ് സയന്റിഫിക് നോളജ് എന്ന് പറയുന്നത് ദാർശിനുള്ള അറിവെന്ന് പറയുന്നത് എന്താണ് ഇപ്പം അല്ലെങ്കിൽ ബുദ്ധൻ പറഞ്ഞ ശൂന്യതയുടെ ജ്ഞാനം അത് വസ്തുനിഷ്ഠമായ അറിവല്ല എന്തുകൊണ്ട് ബ്രഹ്മെന്ന് പറയുന്നത് എന്താണ് അതൊരു വസ്തുവല്ല ഒരു വസ്തുവേ അല്ല പിന്നെ എന്താണ് അത് ഒരിക്കലും ഒരു പരീക്ഷണത്തിലൂടെ തെളിയിക്കാൻ പറ്റില്ല തന്നെ എന്താണ് അതിനെ വസ്തുതാപരമായ ഒരു എവിഡൻസ് അതിന അതുകൊണ്ട് തന്നെ അത് ഒരു തരത്തിലുള്ള പരീക്ഷണ നിരീക്ഷണങ്ങൾക്കും വിധേയം അല്ല എന്നാൽ ഏ ആ അതിനെ കുറിച്ച് അറിയാം ഇങ്ങനൊരു സാധനമുണ്ട് ബ്രഹ്മെന്ന് പറയുന്ന ഒരു സാധനം അതറിയാം പക്ഷെ ഈ ഒരു തരത്തിലും അത് പരിശോധിക്കാൻ പറ്റത്തില്ലല്ലോ വ്യത്യാസം കാരണം ഈ ബ്രഹ്മജ്ഞാനമൊക്കെ ഉണ്ടായ കാലത്ത് ഇതിങ്ങനെ പരീക്ഷിച്ചറിയണമെന്നോ അത് വസ്തുനിഷ്ഠമായിരിക്കണമെന്നോ അതിന് തെളിവ് വേണമെന്നു അങ്ങനെയുള്ള ഒരു നിർബന്ധമുണ്ടായിരുന്നില്ല പിന്നെ അന്ന് നിർബന്ധം ഉണ്ടായിരുന്നെന്താണ് ചിന്തിക്കണം അതിന് യുക്തി വേണം താർക്കികമായി പിടിച്ചു നിൽക്കാൻ കഴിയണം ഇങ്ങനെയൊക്കെയുള്ള ഞങ്ങൾ നിർബന്ധങ്ങളാണ് ഉണ്ടായത് പിന്നെ ഇത് ശരിയാണെന്ന് പറയാനൊരാള് വേണം ബുദ്ധനകി ബുദ്ധൻ കൃഷ്ണനെങ്കി കൃഷ്ണൻ ഇത്രയൊക്കെ മതി മനസ്സിലായോ അത് വ്യക്തി അധിഷ്ഠിതമായ ഒരു വ്യക്തി പറയുന്നു ഇതാണ് സത്യം ായികളെല്ലാം പറയുന്നു അത് തന്നെ സത്യം സയന്റിഫിക് നോളജ് അങ്ങനെയല്ല അതൊരു വ്യക്തിയുടെ വെളിപാടിനെ ആശ്രയിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് പറയാം പക്ഷെ മറ്റുള്ളവർക്ക് അത് പരീക്ഷിച്ചു നോക്കുന്നതിനുള്ള ഉണ്ട് ഒരു കൺട്രോൾഡ് എക്സ്പെരിമെന്റ് എവിടെ നടത്തിയാലും ആ അറിവ് ശരിയാണെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് തെളിയിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നാലും അത് ശരിയാകും എന്നെങ്കിലും അത് അങ്ങനെ ഒരു പരീക്ഷണം നടത്തുമ്പോൾ അത് തെളിഞ്ഞില്ല വിപരീതമായ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അന്നും അല്ല സയൻസ് അല്ലെ തെളി അതൊരു പഴയ സയൻസ് എന്ന് പറയും ഇപ്പൊ ഞങ്ങളത് മാറ്റിയെന്ന് പറയും സയൻസെന്ന് പറയുന്നത് എങ്ങനെയുള്ള അറിവാണ് വസ്തുനിഷ്ടമാണ് അത് സ്വയം മാറുന്ന മറ്റത് ബുദ്ധൻ പറയുന്നത് ശങ്കരാചാര്യ പറയുന്നതൊക്കെ എന്താണ് ഒരിക്കലും മാറാത്ത അറിവാണ് മാറ്റാൻ പറ്റത്തില്ല ഇനി കെട്ടിയിട്ട് അടിച്ചാലും ശരി മാറിയില്ല പറഞ്ഞിടത്തേങ്കിൽ ഞാൻ ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഞാൻ ബ്രഹ്മം തന്നെ അതിന് മാറ്റമില്ല ആ അറിവിന് മാറ്റവും ഇവിടെ അങ്ങനെയല്ല തിയറികൾ മാറിക്കൊണ്ടേയിരിക്കും പുതിയ പുതിയ പരീക്ഷണം നടത്തുന്നു പുതിയ പുതിയ അറിവുണ്ടാകുന്നു പുതിയ പുതിയ അറിവുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു അതാണ് ഇതിന്റെ സയൻസിന്റെ പ്രത്യേകത മറ്റു അറിവ് മാറുന്നില്ല അങ്ങനെ നിങ്ങളുടെ വ്യത്യാസം വ്യക്തിഷ്ടമാണ് അതിന്റെ ഏറ്റവും വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് ബ്രഹ്മജ്ഞാനം കൊണ്ട് നമുക്കൊരിക്കലും ഈ മൊബൈൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല ഇമേജ് ഉണ്ടാക്കാൻ പറ്റത്തില്ല ണ്ടാക്കാൻ പറ്റത്തില്ല എന്തിനുടുക്കുന്ന തുണിയോ കഴിക്കുന്ന ഭക്ഷണമോ ഉണ്ടാക്കാൻ പറ്റത്തില്ല ഒന്നും പറ്റില്ല ഏത് ഞാനും കൊണ്ട് ബ്രഹ്മജ്ഞാനം കൊണ്ട് പക്ഷെ സയൻസിന്റെ ജ്ഞാനമാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് സയൻസിന്റെ ജ്ഞാനം അതിന്റെ ആപ്ലിക്കേഷൻ ആണെന്ത് ഈ പറയുന്ന ഇതെല്ലാം ഉണ്ടാക്കി ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നതാണ് അതിന് രണ്ട് നിങ്ങളുടെ വ്യത്യാസം പ്രധാന വ്യത്യാസം ഒരു വ്യത്യാസമാണ് ഒന്ന് മോശം മറ്റും നല്ലതെന്നല്ല ഞാൻ പറയുന്നു അങ്ങനെ നിങ്ങൾ ധരിച്ചു കളയായിരുന്നു രണ്ടിന് വ്യത്യാസം പറയുന്നു ഒന്ന് നല്ലത് മറ്റു മോശം ആ ഞാൻ പറയുന്നു ഫ്രണ്ടിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറയണം അതൊക്കെ ഏതാണോ നല്ലതെന്ന് തോന്നുന്നു അതിനെടുക്കുക മോശം തോന്നുന്നത് മോശമെന്ന് പറയുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഞാൻ എന്റെ വ്യത്യാസം പറയുന്നു ബ്രഹ്മജ്ഞാനം കൊണ്ടാണ് നിങ്ങളൊക്കെ ഈ കാവ്യ കൊടുത്തത് പക്ഷെ കാവി തുണിയണെങ്കി എന്തു വേണം സയൻസിന്റെ ജ്ഞാനം ബ്രഹ്മജ്ഞാനം കൊണ്ടാണ് നിങ്ങളൊക്കെ മുട്ട അടിച്ചത് പക്ഷെ മുട്ട അടിക്കണമെങ്കി എന്ത് സയൻസിന്റെ ജ്ഞാനം വേണം അപ്പൊ നിങ്ങക്ക് സയൻസിന്റെ ജ്ഞാനത്തെ തള്ളിക്കളയാൻ പറ്റൂ പറ്റില്ല ബ്രഹ്മജ്ഞാനത്തെ തള്ളിക്കളയാൻ പറ്റൂ പറ്റൂ പറ്റു ഏ തെണ്ടി പോലെ നിങ്ങളെ ഉപജീവനം മുട്ടി പോകും പിന്നെ നിങ്ങൾക്ക് ആരെന്ത് കാര്യം ഉപജീവന മാർഗമാണ് അത് അപ്പൊ അതും തടയിടയാൻ പറ്റൂല അതുകൊണ്ടാ പറഞ്ഞത് ഏത് മോശം ഏത് നല്ല ഞാൻ പറയും രണ്ടിന്റെയും പ്രത്യേകതകൾ പറയാണ് മനസിലായാ ഇപ്പയി കൊറേശോ കുറേശോ കത്തി വരുന്നുണ്ട് എന്താണ് അവിടെ പണി പറയുന്ന കേൾക്കുന്നുണ്ടോ പണിങ്ങനെ ഭഗവാനുമായ അപ്പൊ ശങ്കരാചാര്യ പറയുന്നത് എന്താണ് ഈ സമ്യജ്ഞാനം അതാണ് ഞാൻ പറഞ്ഞത് സംവിജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ മോക്ഷത്തിന് പിന്നെ എന്റെ ഇടയ്ക്ക് വേറെ ഒന്നുമില്ല വേറൊരു കാര്യം ഇവിടെ ഇല്ല സംയജ്ഞാനം ഉണ്ടായോ അയാൾ മുക്തനാണ് അപ്പൊ ഈ ഭാമതി കാരണ ശങ്കരാചാര്യനൊക്കെ ഇതിനെ വ്യാഖ്യാനിക്കുന്നതിന് വരുന്ന വ്യത്യാസം എന്താണ് ഈ സമ്യജ്ഞാനം എന്ന് പറയുന്നത് ആ സംവിജ്ഞാനത്തിന് വേണ്ടി ശാബ്ദജ്ഞാനത്തിന് ശേഷം സമാധി വരെ പോകണമോ പോണ്ടെന്നുള്ളതാണ് പോകണമെന്നാണ് ആര് പറയുന്നത് സമാധികാരം പറയുന്നത് ശബ്ദം നിധ്യാസനം സമാധിയിൽ സമയജ്ഞാനം എല്ലാവരും ഈ പക്ഷം ശങ്കര പറയുന്ന എന്താണ് ശങ്കരാജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ വേറെ പണിയുടെയൊന്നും ആവശ്യമില്ല ഇനി സമ്മിജ്ഞാനത്തിന് വേണ്ടിയിട്ട് നിർവികല്പ സമാധി വേണോ അത് ശങ്കരാടത്തും പറയുന്നുണ്ട് വ്യാഖ്യാതാക്കള് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശങ്കരായരുടെ മനസ്സിലുണ്ടായിരുന്നു പറയാൻ വിട്ടുപോയതാണ് മനസിലായ അത് ശങ്കരായരുടെ മനസ്സിലുണ്ടായിരുന്നു ശങ്കരായതാണ് അതുകൊണ്ട് അതോടെ ചേർത്താതെ ഈ പറയുന്ന അദ്വൈതം പൂർണമാകത്തും സമാധി കൂടെ വേണം എന്നാണ് ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ചുള്ള എന്റെ അഭിപ്രായം ഗുരുദേവന്റെ എന്ന് പറഞ്ഞു എന്നുള്ള ഗുരുവിനെ അറിയാവോ എനിക്കറിയത്തില്ല ഗുരു എന്ത് പറഞ്ഞു ഗുരു എന്തോട് എന്നോട് ചോദിക്കരുത് ഞാൻ മനസിലാക്കിയിരിക്കുന്ന എന്തെന്ന് വെച്ചുകഴിഞ്ഞാല് എന്താണ് പാരമ്പര്യമായ ഈ അറിവുകൾ മനസിലാകും അദ്വൈതം തന്നെ ആ വിജ്ഞാനത്തെ ഗുരു രേഖപ്പെടുത്തി വെച്ചു മറ്റു പലതിനോടൊപ്പം അതും ഗുരു രേഖപ്പെടുത്തി വെച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇങ്ങനെ ഒരാൾ കാരണം ഗുരു അതാണ് പഠിച്ചത് ഗുരുവിന്റെ ജീവിതം അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് ആ അറിവിനെ ഗുരു രേഖപ്പെടുത്തി വെച്ചാണ് നമ്മുടെ ദർശനമാല പറയുന്നത് എന്നാണ് ഞാൻ അതിനെ കുറിച്ച് മനസിലാവുന്നത് ഒരു ഒരുപാട് വിഷയങ്ങളെ പറഞ്ഞു അതുപോലെ പാരമ്പര്യമായ അദ്വൈത വിദ്യയും രേഖപ്പെടുത്തി ഞാനിപ്പോ വരുന്ന എന്തായാലും എന്തായാലും പാരമ്പര്യമായ ഈ അദ്വൈത വിദ്യ ഇന്നതാണ് എന്ന് പറയുന്നു അത് നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നു പിന്നെ ഞാൻ ഒന്നുകൂടെ ചെയ്യുന്നുണ്ട് എന്താണ് ആ ഇതിനുള്ള ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം പറയുന്നു പറയുക ചെയ്യുന്നു തത്തമാ പൂച്ച പൂച്ചാന്ന് പറയുകയില്ല ഇതിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളോട് പറയുന്നു എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്നു നാളെ ഒരു കാലത്താണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇങ്ങനെയായിരിക്കണം പറയണമെന്നൊന്നും ദർബം തോന്നുന്നു ഇന്നത്തെ ചുറ്റുപാടുകളിൽ ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നു ഗുരുവിന്റെ ചുറ്റുപാടുകളിൽ ഗുരു ആ കാലത്തെ ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ട് ഗുരു പറയാമെന്നുള്ള എൻ്റെ പരമാവധിയെല്ലാം പറഞ്ഞു എന്നാണ് ഞാനതിനു മനസ്സിലാക്കുന്നത് അവസാന സമയത്തൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്താണ് അതല്ല പറഞ്ഞത് അത് ചിലരിങ്ങനെ ഒരു ക്രെഡിറ്റായി പറയുന്ന അവസാന ഒരു സമയം പറഞ്ഞു ഇതൊക്കെ ആർക്കറിയാം ഞാൻ അതിലാ പിടിച്ചിരിക്കുന്നു ഇതൊക്കെ ആർക്കറിയാം എന്നുള്ള ഒരു ചിന്താഗതി ഗുരുവിനുണ്ടായിരുന്നു മനസിലായോ ഞാനതിലാണ് പിടിച്ചിരിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നതും ഗുരുവിന്റെ പാഴ്ചപ്പാടിന് ഉപയോഗിച്ച രീതി തന്നെ മനസിലായോ മനസിലായിരിക്കും അപ്പൊ ഇതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആ സമ്യക് ശാബ്ദാനം എന്താണ് സമാധിയിലെ അഖണ്ഡാകാര വൃത്തി എന്താണ് ഇതൊക്കെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു അതായത് ഇന്നത്തെ മോഡേൺ സയൻസാണ് ക്വാണ്ടം ഫിസിക്സ് ഈ ക്വാണ്ടം ഫിസിക്സിലെ ഒരു വലിയ പ്രോബ്ലത്തെ പറയുന്നു കേട്ടെങ്കിലും ഇരിക്കുന്ന എന്താണ് എന്താണ് ഇന്റർപ്രട്ടേഷൻ പ്രോപ്പർ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഈ ഭാഷയിൽ നമുക്ക് മനസ്സിലാകുന്ന വ്യക്തികൾ അത് ഒരാൾക്ക് വേറൊരാൾക്ക് പറഞ്ഞുകൊടുക്കാൻ പറ്റത്തില്ല കാരണം അതിന്റെ ഭാഷ എന്ന ആണ് നമ്മുടെ ഈ ഭാഷയിൽ അതിന്റെ ചില മാത്തമാറ്റിക്കൽ മോഡൽസ് ഉണ്ടാക്കാനേ പറ്റും എന്നു വെച്ചാൽ നമ്മുടെ ഈ ഭാഷ ഉപയോഗിച്ചിട്ട് അതിനൊന്നും വിശദീകരിക്കാൻ പറ്റത്തില്ല അതിനാണ് പറയുന്നത് ഇന്റർപ്രിട്ടേഷൻ പ്രോബ്ലം ഈ ബ്രഹ്മ എന്നൊക്കെ പറയുമ്പോഴും എന്താണ് അതിലും ഒരു ഇന്റർപ്രിട്ടേഷൻ പ്രോബ്ലം അതിന് ആർക്കും ശരിയായ രീതിയിൽ വിശദീകരിച്ച് മർത്ഥിക്കാൻ പ്രയാസമാണ് ഇന്റർപ്രട്ടേഷൻ പ്രോബ്ലം അവിടെയുണ്ട് പിന്നെന്ത് പേരിട്ട് വിളിച്ചാൽ അങ്ങനെ വ്യാഖ്യാനിച്ച് ഫലിപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല അതാണ് അതാണ് നമ്മൾ ഈ അനുഭവിക്കുന്ന വൈഷമ്യങ്ങളെന്ന് ക്വാണ്ടം ഫിസിക്സ് ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല മനസ്സിലാവണമെങ്കിൽ അത്രയും ഹയർ മാത്തമെറ്റിക്സ് പഠിക്കുന്നു അവർക്കത് മാത്തമറ്റിക്കലി മനസ്സിലാവും ഈ പറയുന്ന ബ്രഹ്മെന്ന് പറയുന്നത് നിങ്ങൾ എത്ര സംസ്കൃതം പഠിച്ചാലും എത്ര തർക്കം പഠിച്ചാലും എന്തൊക്കെ കസരത്ത് നടത്തിയ ഒരു തരത്തിലും ഇത് മനസ്സിലാകത്തില്ല ഇത് മനസ്സിലാക്കാനൊരു മാത്തമെറ്റിക്സ് ഉണ്ട് ഇവിടുത്തെപ്രിട്ടേഷൻ പ്രോബ്ലം രണ്ടിടത്തെയും പ്രോബ്ലം ഒന്നല്ല ഇവിടുത്തെ എന്റർപ്രിട്ടേഷൻ പ്രോബ്ലം ഏറെയാണ് അവിടുത്തെ പ്രോബ്ലം ഏറെയാണ് കൊണ്ടാരാഴ്തി വെച്ചവരെന്താണ് ശബ്ദജാലം മഹാരണ്യം ചിത്രഭ്രമണകാരണം അതാണ് ഇതിൻ്റെ ഒരു വളം ഇത് ഒരേ ഒരു വഴിയേ ഉള്ളൂ ഇതിനൊരു വഴിയുണ്ട് ഇവിടെ മൊട്ടടത്ത് ഇന്റർപ്രട്ടേഷൻ പ്രോബ്ലമായി തന്നെ എനിക്ക് അവർ പരിഹാരമുണ്ട് പക്ഷെ ഇവിടെ ഇന്റർപ്രിട്ടേഷൻ പ്രോബ്ലം ഉണ്ട് അതിനൊരു പരിഹാരമുണ്ട് എന്താണ് പരിഹാരം വിശ്വസിക്കുക നല്ല ബുദ്ധി അങ്ങനെ തെളിഞ്ഞിരിക്കുന്നത് ഇതെങ്ങനെ പറ്റും വിശ്വസിക്കുക ഉം അങ്ങനെ ഏതോ ഒരു ശങ്കരാചാര്യെഴുതി ഏതൊരു ശങ്കരാഴുതും ഏതോട് എഴുതി അതെന്താകും നല്ല കാര്യല്ലേ പറഞ്ഞിരിക്കുന്നു ആരെഴുതി അതെന്താ പറഞ്ഞിരിക്കുന്നത് സൂപ്പർ സാധനം അല്ലേ സംസ്കൃത ഇവിടെ വരുമ്പോ ആത്യന്യമായിട്ട് എന്തു ചെയ്യണം വിശ്വസിക്കണം അതൊന്നാണ് പറയുന്നത് ശ്രദ്ധാവാൻ കേട്ടിട്ടുണ്ട് ശ്രദ്ധയുള്ളവനെ ജ്ഞാനം ലഭിക്കത്തുള്ളൂ ശ്രദ്ധ വേണമെന്ന് പറയുന്നതാണ് വിശ്വാസം വേണം ശേഷ അതെന്താ കൊഴപ്പം ദുഃഖത്തിന്റെ പാപം അനന്ത പറയുന്നത് അർജുനന്റെ സങ്കടം എന്താണ് ഈ ഗുരുക്കന്മാരെയും ബന്ധുമിത്രാദി പാപമേ ആശ്രയേ തസ്മാൻ ഹത്തുതാൻ ആദതായനർജുനൻ നേരത്തെ പറഞ്ഞു ഈ ബന്ധുക്കളെ കൊന്നു കഴിഞ്ഞാൽ എനിക്ക് പാപമുണ്ടാവും അതുകൊണ്ട് ഞാൻ കൊല്ലുന്നില്ല ഇത് അർജുനൻ ഇങ്ങനെ ആദ്യ ഒരു ചോദ്യം ചോദിക്കുകയും സംശയം ചോദ്യമല്ല ഉറപ്പിച്ചു പറഞ്ഞു എനിക്ക് പാപം ഉണ്ടാവും വൈഷമ്യം അല്ല പാപം എനിക്ക് പാപം ഉണ്ടാവും ഗുരുക്കന്മാരെ കൊന്നു അപ്പം പറഞ്ഞു യാതൊരു പ്രശ്നങ്ങളും നീ കൊന്നോ പാപ്ല എന്ത് ചെയ്യാം പാപത്തിൽ നിന്ന് നിന്നെ ഞാൻ മോചിപ്പിക്കാം നീ കൊന്നോ അത് കൊടുക്കുന്നവര് ഗ്യാരണ്ടിരണ്ടി ഞാൻ ഗ്യാരണ്ടിയാണ് നീ തട്ടിക്കോ ഗുരുക്കന്മാരിയും വേണ്ടപ്പെട്ടവരെല്ലാം കൊന്നോ ഞാൻ നിന്നെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കും ഏഹ് പാർട്ടിക്കാരനിയാണ്ട് നീ പോയി കൊന്നോ കെ സിന്ന് ഞാൻ രക്ഷപ്പെടുത്താം അവിടെ കെ രക്ഷപ്പെടുത്തുന്ന കുടുംബത്തിന്റെ ചെലവ് ഞങ്ങളെ നടത്തിക്കോളാം നീ പോയി കൊന്നു ഇത് തന്നെ അന്ന് പാപത്തിന് അർജുനന്റെ പ്രശ്നം എന്തായിരുന്നു പാപം ഇന്നുള്ളവന്റെ പ്രശ്നം എന്താണ് കേസും മൂലാമാലകളും കുടുംബവും അതൊക്കെ എങ്ങനെ നോക്കോളാം നീ പോയി കൊന്നു ഇത് തന്നെ ഇത് തന്നെയാണ് രണ്ടും ഒരുപോലെ തന്നെ എന്താ സംശയിക്കുന്നു കേൾക്കുന്നുണ്ടോ പറയുന്നു ഇടയ്ക്കിടയ്ക്ക് ചിന്ത വേറെ പോകുന്നുണ്ട് ചാല ചിന്ത ഇടയ്ക്കിടയ്ക്ക് മറക്കും എനിക്ക് കാണുമ്പോ പറയാൻ ചോദിക്കാത്ത പെട്ടെന്ന് വേറെ എവിടെയൊക്കെയോ പോകും ചിന്തിച്ച് ഞാൻ പറയുന്നത് ശരിയാണോന്ന് ചിന്തിക്കണം സത്യോ uh ശരി -huh. <laughs>